അവേദ്യത്തെ സ്ഥിതി അപരോക്ഷം അപരോക്ഷോഹാരോഗ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷ വ്യവഹാരോഗ്യമായ ഘടാതികളിലൊക്കെ അതിവ്യാപ്തി അത് പരിഹരിക്കുന്നതിന് അവേദ്യത്വം എന്ന് പറഞ്ഞു പറയുന്നു പൂറോക്ഷി പറയുന്നു അവേദ്യത്വം എന്ന് മാത്രം പറഞ്ഞാൽ സുപ്രകാശാത്മാഅ അവക്കുന്നുണ്ടല്ലോ എന്താ ദോഷം അവൻ പറയുന്നു തഥാസതി അതീത അനാഗതയോർ നിത്യ അന്വേഷിച്ച ധർമാധിഷു അതിവ്യപ്തി ധർമാദികൾ പ്രധാനമായിട്ട് ധർമാദികളാണ് അതീതം അനാഗതം അല്ലാതെ അവേദ്യമായ ധർമാദികൾ അതിവ്യാപ്തി ഉണ്ടാവുന്നു മായതുകൊണ്ട് അതാണ് സിദ്ധാന്തി പറയുന്നത് അപ്പൊ സിദ്ധാന്തമനുസരിച്ച് അത് മനസ്സിലാകണം ധർമാദികൾ അവേദ്യമാണ് അതിവ്യാപ്തി ഉണ്ടാവണം പൂർവക്ഷി പറയുന്നതനുസരിച്ച് ധർമാദികൾ വേദ്യമാണ് അതിവ്യാപ്തി ഉണ്ടാകത്തില്ല എന്നാണ് ഇതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം അത് വേദ്യം അവേദ്യം എന്ന് പറയുന്നതിൽ വരുന്ന വ്യത്യാസം എന്താണ് അത് ഫലവ്യാപ്തിയും വൃത്തിവ്യാപ്തി ധർമാദികളിൽ വൃത്തിവ്യാപ്തി ഉണ്ട് ഫലവ്യാപ്തി ഇല്ല അതുകൊണ്ട് സിദ്ധാന്തമനുസരിച്ച് ധർമാദികൾ അവേദ്യമാണ് അതായത് വൃത്തിവ്യാപ്തി ഉണ്ടെങ്കിലും ഫലവ്യാപ്തി ഉണ്ടായാലേ വേദ്യമാകത്തുള്ളൂ അല്ലാതെ സാധാരണ രീതിയിൽ ഞാൻ അവിഷയം അവിഷയം എന്നുള്ള രീതിയിലല്ല ഇവിടെ അവേദ്യമെന്ന് പറയുന്നു അവേദ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിഷയമെന്നും പറയാം പക്ഷെ അർത്ഥം അല്ല ഇവിടെ അപ്പൊ ഫലവ്യാപ്തി ഇല്ല അതുണ്ട് അവേദ്യം പുറഷു പറയുന്നത് ധർമാദികൾ ശ്രുതി സത്യമാണ് ശ്രുതിയിൽ നിന്നാണ് അറിയുന്നത് അവിടെ വേദ്യമാണ് അബേദ്യ എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോവട്ടല്ല പിന്നെവിടെയാണ് പോകുന്നത് അതീദാ അനഗദ ബ്രഹ്മത്തിൽ കാരണം ധർമാദികളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നേതാണ് ബ്രഹ്മം അപ്പോൾ അബേദ്യ എന്ന് പറഞ്ഞാൽ ലക്ഷണഓട് സമന്വയിക്കുക കാണണം പക്ഷേ ഓരോشي വരെ അനുസരിച്ച് ധർമാദികൾ വേദ്യമാണ് പക്ഷെ സിദ്ധാന്തി പറയുന്ന വേദ്യത്തെ അവിടെ ഇല്ല എന്തുകൊണ്ട് അവിടെ വൃത്തി വ്യാപ്തി മാത്രമേ ഉള്ളൂ ഫലവ്യാപ്തി ഇല്ല അപ്പോൾ വൃത്തിവ്യാപ്തി മാത്രമേ ഉള്ളൂ എങ്കിൽ വൃത്തിവ്യാപ്തി ഉണ്ടെങ്കിലും സിദ്ധാന്തമനുസരിച്ച് അത് അവേദ്യമാണ് ധർമാദികൾ അവേദ്യമാണ് വൃത്തിവ്യാപ്തിയുണ്ട് എന്നുവെച്ചാൽ ഒരു വിഷയത്തിൽ തഥാകാര വൃത്തിയുണ്ടായി ആ വൃത്തിയിലുള്ള ആ ചിതാഭാസനായ പ്രകാശിപ്പിച്ചാൽ ബലവ്യാപ്തി ഉണ്ടാകട്ടോ കേവലം ധീവൃത്തി മാത്രം ഉണ്ടാകും എന്നു പറഞ്ഞാൽ ഞാനും ഉണ്ടായി പക്ഷെ ബലവ്യാപ്തില്ല അതാണ് അടുത്ത് പറയുന്നു ഞങ്ങൾ തേഷാമപി ആഗമവേദ്യത്വന്ന അവേദ്യത്വം ഇത് പൂർവോക്ഷി പറയുന്നു അവധ്യമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവേദ്യമായ ധർമാദികളിൽ പോകുമെന്ന് ആര് പറയുന്നു സിദ്ധാന്തി ധർമാദികൾ അവേദ്യമാണ് അതിൽ പോകും സിദ്ധാന്തി പറയുന്നു പൂർവോക്ഷി പറയുന്നത് അങ്ങനെയല്ല അതിപ്പോകത്തില്ല എന്തുകൊണ്ട് അത് അവേദ്യമല്ല ആഗമവേദ്യാ ഇങ്ങനെ വരുമ്പം അവിടെ ബലവ്യാപ്തി വൃത്തിവ്യാപ്തി അത് വന്നില്ല അതിനെ പരിഗണിക്കാതെ പറയാണ് ആ ഒരു കാര്യത്തെ പരിഗണിക്കാതെ പറയാണ് പൂർവക്ഷി പറയുന്നു വേദത്തിൽ നിന്നല്ലേ നിങ്ങൾ ധർമാദികളെ കുറിച്ച് റിഞ്ഞത് ധർമ്മാദികളെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടാണ് ധർമ്മജനകമായ യാഗാദികളിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതി പ്രവർത്തിക്കും അപ്പോൾ ഒരാള് പുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അതിനർത്ഥം അയാൾക്ക് പുണ്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നാവും അറിവില്ലാതെ പ്രവർത്തിക്കും അതാണ് പൂർവക്ഷ പറയുന്ന വ്യക്തി യാഗം ചെയ്താലേ പുണ്യം ഉണ്ടാവും പുണ്യം ചെയ്താലേ സ്വർഗം കിട്ടും അപ്പോ ഒരാള് സ്വർഗത്തിന് കാരണമായ പുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ പുണ്യത്തെ അറിയുന്നു അറിയാതെ പ്രവർത്തിക്കുന്നു പുണ്യത്തെങ്ങനെ അറിഞ്ഞു വേദത്തിൽ നിന്നു അപ്പോ അത് വേദ്യമായി അവേദ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണം സമന്വയിക്കില്ല എന്ന് ആര് പറയുന്നു ഉറപ്പാണ് ക്ഷി പൂർവപക്ഷി എന്താ പക്ഷിക്ക് ഒരു ഉറപ്പില്ലാത്തത് തിരിഞ്ഞു പോകരുത് വേദ്യവും അവളരെ വ്യക്തമായിരിക്കും പൂർവപക്ഷിയുടെ അഭിപ്രായത്തിൽ ധർമ്മം വേദ്യമാണോ ആഗമവേദ്യോ അവേദ്യമല്ല അവേദ്യത്വം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ സമന്വയിക്കും വേറെ ഒരിടത്ത് സമന്വയിക്കില്ല ലക്ഷണത്തിൽ ദോഷമില്ല അപ്പൊ ഒരേ വിഷയത്തിൽ തന്നെ രണ്ടഭിപ്രായം ഒന്നും എന്താണ് വേദ്യമെന്നും അവേദ്യമെന്നും ആ വ്യത്യാസം വരുന്നതിന് കാരണം വേദ്യം എന്ന് പറയുന്നതിന് അദ്വൈതി തന്നെ രണ്ടർത്ഥം പറയുന്നുണ്ട് ഫലവ്യാപ്തിയും വൃത്തിവ്യാപ്തി അപ്പം അവിടെ പുണ്യഭാവങ്ങളെക്കുറിച്ച് ഞാനും ഉണ്ടാകുന്നു പക്ഷെ അവിടെ വൃത്തിവ്യാപ്തിയുള്ളൂ ഫലവ്യാപ്തി ഇല്ല ഫലവ്യാപ്തി ഇല്ലെങ്കിൽ അത് അവേദ്യമാണ് ബ്രഹ്മത്തിന് നോക്കുക ബ്രഹ്മം അവിടെയും ഫലവ്യാപ്തിയില്ല അത് സ്വീകരിക്കുന്നുണ്ട് ബ്രഹ്മത്തിനും ബ്രഹ്മാകാര വൃത്തി ഉണ്ടാവുന്നു പക്ഷെ ആ വൃത്തിയിലുള്ള ചിതാഭാസൻ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് സ്വയം പ്രകാശിച്ചു പോണതിന്റെ ആവശ്യമുണ്ട് അപ്പം വൃത്തിവ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് ബ്രഹ്മം അവേദ്യമാണ് ആ ഫലവ്യാപ്തി ഇല്ലാത്തത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്നറിയാൻ ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചു പറഞ്ഞു ഫലവ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് ്രഹ്മം അവ ബ്രഹ്മത്തിന് ഇത് പുണ്യഭാവങ്ങളില് നോക്കുക അത് അവേദ്യമാണോപക്ഷി പറയുന്ന രീതിപക്ഷി പറയുന്ന അനുസരിച്ച് ഇനി സിദ്ധാന്തപക്ഷത്തിൽ തന്നെ നോക്കാം പുണ്യഭാവങ്ങളിൽ സിദ്ധാന്തി വൃത്തിവ്യാപ്തി അംഗീകരിക്കുന്നുണ്ടോ വൃത്തിവ്യാപ്തി അംഗീകരിക്കുന്നുണ്ട് വൃത്തി ഉണ്ടാകുമെന്ന് സിദ്ധാന്തി സ്വീകരിക്കുന്നുണ്ട് ഫലവ്യാപ്തി ഇല്ല അപ്പം രണ്ടും വരണം വൃത്തിവ്യാപ്തിയും വരണം ബലം വ്യാപ്തിയും വരണം കാരണം ബലവ്യാപ്തി വരണമെങ്കിൽ ആദ്യം വൃത്തിവ്യാപ്തി വരണം വൃത്തിയിലാണ് ചിലാഭാസം ചിലാഭാസനാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത് അപ്പം വൃത്തിവ്യാപ്തി വന്ന് ഫലവ്യാപ്തി വരണം വൃത്തിവ്യാപ്തി വന്ന് അവിടെ നിന്നു പോയി കഴിഞ്ഞ അവിടെ ബലവ്യാപ്തി ഇല്ല ഫലവ്യാപ്തി ഇല്ലെങ്കിൽ അത് വേദ്യമാണോദ്യമാണോ ആ സിദ്ധാന്തിയുടെ വർഷം അനുസരിച്ചാണോ അത് പൂർവപക്ഷത്തിന് അനുസരിച്ചാണോ ആ സിദ്ധാന്തിയുടെ വർഷം അനുസരിച്ച് അതുകൊണ്ടാണ് പറഞ്ഞ അവേദ്യം എന്ന് പറഞ്ഞാൽ അവിടെ പോകും ധർമാദികളിൽ പോകും എന്ന് അതുകൊണ്ടാണ് ഘടത്തെ സംബന്ധിച്ചിടത്തോളം ഘടം അവിടെ വൃത്തിവ്യാപ്തി ഉണ്ട് ഫലവ്യാപ്തിയുണ്ട് അതുകൊണ്ടത് വേദ്യമാണ് അവേദ്യമെന്ന് മാത്രം പറഞ്ഞാൽ ഘടത്തി പോകത്തില്ല രണ്ടുമുള്ളതാണ് പക്ഷെ അവേദ്യമൊന്നു മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിൽ പോകും അവിടെ ഫലവ്യാപ്തി ഇല്ലെങ്കിലും വൃത്തിവ്യാപ്തി വ്യാപ്തി ഉണ്ടെങ്കിലും ഫലവ്യാപ്തി ഇല്ല എവിടെ ധർമ്മധർമ്മർമ്മിച്ചാ അത് യോഗ്യ വിഷയമല്ല ഭാവിയിലായതുകൊണ്ടാണോ അല്ലല്ല യോഗ്യ വിഷയമല്ല വിഷയം കൂടെ യോഗ്യമായിരിക്കണം ഫലവ്യാപ്തിക്ക് യോഗ്യമായ വിഷയം അല്ല വിഷയം കൂടെ യോഗ്യമായാലേ ഫലവ്യാപ്തി ഉണ്ടാകത്തുള്ളൂ അതല്ലാത്തതുകൊണ്ട് അവിടെ ഫലവ്യാപ്തി ഉണ്ടാവുന്നു ബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫലവ്യാപ്തിയുടെ ആവശ്യമില്ല സ്വയം പ്രകാശം ഇവിടെയാണെങ്കിൽ ഈ വിഷയം എന്ന് പറയുന്നത് സംസ്കാര രൂപത്തിലായിരുന്നു അത് ഫലവ്യാപ്തിക്ക് യോഗ്യമായ ഒരു വസ്തുവല്ല ഒരു പദാർത്ഥമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫലവ്യാപ്തിക്ക് യോഗ്യമല്ലാത്ത എല്ലാ പദാർത്ഥങ്ങളും അവേദ്യമാണ് എന്ന് പറയേണ്ടി വരില്ലേ ഫലവ്യാപ്തിക്ക് യോഗ്യമല്ലാത്ത എല്ലാ പദാർത്ഥങ്ങളും അവേദ്യമാണെന്ന് പറയേണ്ടി ആണ് അവിടെയൊക്കെ അതിവ്യാപ്തി ഉണ്ടാവും അതെന്റെ ധർമാതിഷം എന്ന് പറഞ്ഞു ധർമ്മം എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞു എന്നുവെച്ചാൽ ചുരുക്കത്തിൽ നമുക്കൊരു അറിവുണ്ടാകാൻ ഇവിടുത്തെ വ്യാപ്തി ഒരറിവുണ്ടാവുക വൃത്തി വ്യാപ്തി ഉണ്ടായി അറിവുണ്ടാവുക സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ ഒരു അറിവുണ്ടായത് കൊണ്ട് ഒന്ന് വേദ്യമാകത്തില്ല അങ്ങനെ അറിവുണ്ടായാലും അത് അവേദ്യം തന്നെയായി അപ്പൊ ശബ്ദപ്രമാണം കൊണ്ട് മാത്രം അറിയപ്പെടുന്നത് എല്ലാം അവേദ്യമാകുമോ ഏഹ് ശബ്ദ പ്രമാണം ശബ്ദപ്രമാണം കൊണ്ട് ബ്രഹ്മത്തെയാണ് അറിയുന്നതെങ്കിൽ അവിടെ ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുന്നു ഫലവ്യാപ്തിയുടെ ആ ഉപയോഗം ഇല്ലാത്ത കൊണ്ട് എന്തുവരുന്നു അത് അവേദ്യമാണ് സ്വർഗമോ സ്വർഗം ഫലവ്യാപ്തിക്ക് വിഷയമാണോ യോഗ്യത സ്വർഗം എന്ന് പറയുന്നതിനും വൃത്തിവ്യാപ്തി ഉണ്ടാവും കാരണം മരിച്ചതിന് ശേഷമുള്ള കാര്യം അറിയത്തില്ലല്ലോ ഇപ്പോഴത്തെ കാര്യമായി ചർച്ച ചെയ്യുന്നു അത് ഏഹ് ഇപ്പോ ഈ സമയത്തെന്ന് പറഞ്ഞാൽ അവിടെ വൃത്തിവ്യാപ്തി ഉണ്ടായി ഫലവ്യാപ്തി ഉണ്ടായില്ലല്ലോ ഇന്ത്യയാളത്തിന് ശേഷം ഉണ്ടായില്ലല്ലോ അത് അവേദ്യമാണ് അത് അവേദ്യമാണ് ഇപ്പൊ കേവലമായ ഒരു വൃത്തിവ്യാപ്തി ഉണ്ടായാലും അത് അവേദ്യം തന്നെ ഏതായാലും സിദ്ധാന്തം അനുസരിച്ച് പൂർഷക്ഷി പറയുന്ന അങ്ങനെയല്ല വൃത്തിവ്യാപ്തി ഉണ്ടായാലും അത് വേദ്യമാണ് അത് മതിയെന്നാണ് സിദ്ധാന്തി പറയുന്ന വൃത്തിവ്യാപ്തി ഉണ്ടായാൽ പറ്റില്ല ഫലവ്യാപ്തിയുടെ ഉണ്ടാവണം കടത്തെ പോലെ എന്നാലേ വേദ്യമാകൂ ഇല്ലെങ്കിൽ അവേദ്യമാണോ ബ്രഹ്മത്തിന് യോജിപ്പിക്കാം അന്ന് ബ്രഹ്മം വേദ്യവും അവ ്രഹ്മത്തിൽ വൃത്തി വ്യാപ്തി ഉള്ളത് കൊണ്ട് എന്തായി വേദ്യമാണ് ഫലവ്യാപ്തി ഇല്ലാത്തത് കൊണ്ട് അവേദ്യമാണ് അപ്പൊ ബ്രഹ്മത്തിൽ രണ്ടും യോജിക്കും പക്ഷെ ആ വേദ്യവും അവേദ്യവും ഒരിടത്ത് വരുന്നതിന്റെ വ്യത്യാസം എന്താണെന്ന് അദ്വൈദീടെ വിശദീകരണം ഇതാണ് വേദ്യം അവൈദ്യമായിട്ട് എടുക്കണം വേദ്യവും അവരെടുത്ത് വന്ന അവ ഇത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോ രണ്ടും പറയാറുണ്ടല്ലോ വേദ്യമെന്നും ചിലടത്ത് പറയാറുണ്ട് അവേദ്യമൊന്നും പറയാറുണ്ട് വേദ്യമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ വൃത്തിവ്യാപ്തി ഉണ്ട് അത് അദ്വൈതി അംഗീകരിക്കുന്നു വേദ്യ അപ്പൊ വേദ്യം എന്ന് പറയുന്നത് തെറ്റില്ല വൃത്തിവ്യാപ്തി ഉണ്ട് ഇനി അവേദ്യമെന്ന് പറയുന്നതിനും തെറ്റില്ല എന്തുകൊണ്ട് വ്യാപ്തിയില്ല അപ്പൊ ബ്രഹ്മവേദ്യമാണോ അപ്പൊ ഇതില് വേദ്യ അവേദ്യമൊന്നും സാധാരണ വ്യവഹാരം നടക്കുമെങ്കിലും ലക്ഷണം പറയുമ്പോ എന്താ പറയുന്നത് അവേദ്യം എന്തുകൊണ്ട് അവേദ്യമായിരിക്കും എന്നാണ് അതിന്റെ വാസ്തവ സ്വരൂപം അതുകൊണ്ട് അവേദ്യമായിരിക്കുക എന്നുള്ളത് അപ്പൊ ഈ ബ്രഹ്മാകാര വൃത്തിയെ സ്വീകരിക്കുന്ന ഭാവതീകാരനെ പോലെയുള്ളവരും വൃത്തിവ്യാപ്തിയെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നു അത് ശുദ്ധമായ ബ്രഹ്മത്തിലുള്ള വൃത്തി പിന്നെ സ്വാഭാവികമായ ബ്രഹ്മത്തിലാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബ്രഹ്മം എന്താണ് അവേദ്യം തന്നെ അപ്പോൾ വേദ്യം എന്ന് പറയുന്നത് സ്വാഭാവികമായ ബ്രഹ്മ എന്ന് പറയും എന്നുവെച്ചാൽ ഇങ്ങനെ നിധ്യാസനത്തിലൂടെ സമാധി ഉണ്ടാവും അവിടെ ബ്രഹ്മാകാര വൃത്തി അതിനാണ് സമാധി എന്ന് പറയും ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുമ്പോ മനസ്സിൽ വേറെ ഒരു വൃത്തിയും വൃത്തിയുന്ന നിരാകാരമാണ് ബ്രഹ്മത്തിന് എന്തെങ്കിലും ആകാരം ഉണ്ടോ അപ്പൊ പിന്നെ ബ്രഹ്മകാര വൃത്തി ഉണ്ടാകും ഏകും ബ്രഹ്മത്തെ എങ്ങനെ ഭാവന ചെയ്യുന്നു ആ ഭാവനയാണ് വൃത്തി ബ്രഹ്മത്തെ എങ്ങനെ ഭാവന ചെയ്യുന്നു അങ്ങനെയാണല്ലോ വൃത്തി ഉണ്ടാകുന്നു ഭാവനയാണ് വൃത്തി പിന്നെ നിരന്തരമായി ഭാവന ചെയ്യുമ്പോൾ ആ വൃത്തി ദൃഢമായി വരുന്നു അവിഛിന്നമായി വരുന്നു അങ്ങനെയൊക്കെ വരുന്നു അപ്പോൾ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മത്തെയും ഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥത്തിനൊരാകാരത്തെ കൽപ്പിക്കുകയാണ് എന്താണോ വൃത്തിയാണ് അപ്പൊ ബ്രഹ്മത്തിന് ആ വൃത്തി തന്നെ ഉപാധിയായി എന്ത് കല്പനയാണോ ആ കല്പനെന്തായി ബ്രഹ്മത്തിന്റെ ഉപാധിയായി അപ്പൊ സ്വാഭാവികമായി ബ്രഹ്മം അതിന്റെ തഥാകാര വൃത്തിയാണ് പറയുന്നത് ബ്രഹ്മകാര വൃത്തിയാണ് സമയ വൃത്തി എന്ന് പറയുന്ന യോഗ സമാധിയേ അല്ല ഇത് യോഗനിരോധത്തിന് യോഗ ദർശനത്തിന് വൃത്തി നിരോധമല്ല സമാധി വ്യത്യാസമാണ് പിന്നെ വരുന്നുണ്ട് ഇവിടെ എന്തുപറയും നോസാനം വൃത്തി നശിക്കുന്നു വൃത്തി നാശത്തെ ഇവിടെ സ്വീകരിക്കുന്നു യോഗത്തിനോട് ചേർന്ന് തന്നെ പോകുന്നത് പിന്നെ യോഗവും ശരിക്കും വരുമ്പോ യോഗപ്രക്രിയനെ സ്വീകരിച്ചിരുന്നു യോഗത്തിൽ വൃത്തി നിരോധം സ്വീകരിക്കുമ്പോൾ വൃത്തിയെ സ്വീകരിച്ചുകൊണ്ടാണ് വൃത്തി നിരോധത്തെ സ്വീകരിക്കുന്നത് ഒന്നുമ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ വൃത്തിയാകുമ്പോൾ മറ്റു വിഷയങ്ങളിലെ വൃത്തി നിരോധിക്കപ്പെടുന്നു അതാണ് വൃത്തി നിരോധമെന്ന് പറയുന്നത് അല്ലാതെ വൃത്തി എല്ലാം കൂടി ഒരു ചാക്കിലാക്കി കെട്ടി കൊണ്ട് കളയുന്നതല്ല അത് നടക്കുന്ന കാര്യ നമ്മുടെ മതപ്രഭാഷകരൊക്കെ പറയുന്ന വൃത്തി നിരോധമല്ല വൃത്തി നിരോധം എന്ന് വെച്ചാൽ ഒരു വൃത്തി വേണം അവിടെ എന്നാലേ ബാക്കിയുള്ള വൃത്തിയുടെ നിരോധം സംഭവിക്കത്തുള്ളൂ അതിനോ ഏകാലംബന വൃത്തി പറയുന്നത് ഒരു വിഷയത്തിലുള്ളൂ അപ്പം ബാക്കി വൃത്തി അതിലൂടെ സംഭവിച്ചല്ലോ പക്ഷേ ആ വൃത്തിയും വിലയിക്കുന്നു ചിത്രത്തിൽ അത് വേറെ സംഗതി എൻ്റെ പ്രക്രിയ വേറെ ഇവിടെയും വൃത്തിയുടെ ഉദയവും വൃത്തിയുടെ നാശവും ഇവിടെയും സ്വീകരിക്കുന്നു അതിനാണ് കഥകരജ ന്യായമൊക്കെ പറയാൻ പറ്റും അപ്പൊ വൃത്തി വ്യാപ്തി ഇതൊക്കെ ഒരു പ്രക്രിയയാണ് ഇതിനെ ഇവിടെ വൃത്തി വൃത്തി വ്യാപ്തിയെ കുറിച്ച് പറയണത് കൊണ്ട് ഇദ്ദേഹം സമാധിപക്ഷം ആണോ സംശയം എന്തോ ഇതെല്ലാവരും വൃത്തിയിലേക്ക് വന്നോ സമാധിയിൽ അവസാനിക്കുന്നു അവരെല്ലാവരും സമാധിപക്ഷം കാരണം എന്തുകൊണ്ട് ഭാഷ്യത്തിന്റെ വ്യാഖ്യാതാക്കള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ യോഗത്ത് ചേർത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങി അപ്പൊ ശിശുഖാചാര്യം ആ സമാധിപക്ഷത്തെ സ്വീകരിച്ചു തന്നെ മുമ്പോട്ട് പോകും അപ്പോഴേ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട് വൃത്തിവ്യാപ്തി ബലവ്യാപ്തി ഇതൊന്നും ഭാഷകാലം പറയുന്നില്ലല്ലോ ഇടപാടുകളും പറയുന്നു വൃത്തിയെക്കുറിച്ച് ഭാഷകാലം പറയുന്നുണ്ട് അന്തക്കരണ വൃത്തി അത് പറയുന്നത് ഒരു പ്രക്രിയ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് വൃത്തിയെക്കുറിച്ച് പറയുന്നത് ദോഷമൊന്നുമില്ല ബ്രഹ്മാകാര വൃത്തി അത് ഭാഷ്യകാരം പറയുന്നുണ്ട് ഭാഷയത്തിലുള്ളവരിടത്തുനിന്ന് കിട്ടത്തില്ല എവിടെയും കേട്ടിട്ടുണ്ടോ ബ്രഹ്മാകാര വൃത്തി അങ്ങനെ ഒരു ഏർപ്പാട് പറയുന്നു എന്തായാലും വേദ്യം അവേദ്യം എന്ന് പറയുന്ന ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം ധർമാദികൾ വേദ്യമൊന്നും അവിടെ വൃത്തിവ്യാപ്തി ഉള്ളതുകൊണ്ട് വേദ്യമൊന്നും പൂർവക്ഷങ്ങ് ഉറപ്പിക്കുകയാണ് സിദ്ധാന്തം പറയുന്നു വൃത്തിവ്യാപ്തി ഉണ്ട് പിന്നെ ധർമാദികളുടെ വൃത്തിവ്യാപ്തിയെ സിദ്ധാന്തി അംഗീകരിക്കുന്നുണ്ടോ ഉണ്ട് കാരണം ഞാനുണ്ടെങ്കിൽ വൃത്തിവ്യാപ്തി ഉണ്ട് ഒരു വിഷയത്തെ കുറിച്ച് അറിവുണ്ടാവണമെങ്കിൽ വൃത്തിവ്യാപ്തി ഉണ്ടോ പക്ഷേ വേദ്യമെന്ന് പറയണമെങ്കിൽ അത് പോരാ ബലവ്യാപ്തി കൂടെ വേണം ബലവ്യാപ്തി ഇല്ലാത്തോണ്ട് ആ വേദ്യം െ സംബന്ധിച്ച് അവേദ്യമായിരിക്കുന്നത് ബ്രഹ്മം മാത്രമല്ല പിന്നെയോ ബ്രഹ്മാദികളും ഉണ്ട് എന്താണ് ബ്രഹ്മത്തിന്റെ ലക്ഷണം അവേദ്യം എന്ന് പറയുമെങ്കിലും അവേദ്യമായിരിക്കുന്നത് അതായത് ഫലവ്യാപ്തി ഇല്ലാതിരിക്കുന്നത് അവ അവേദ്യം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണോ ബലവ്യാപ്തി അത് ബ്രഹ്മത്തിന് മാത്രമല്ല ധർമാദികൾക്കും ഉണ്ട് അതീത അനാഗത വിഷയങ്ങളുണ്ട് കാരണം അവിടെ ഇന്ദിരാർത്ഥ അന്വേഷിച്ച് സംഭവിക്കുന്നില്ല ഇനി ധർമാദികളെന്ന് വെച്ചാൽ ആന്തരികമാണ് യോഗ്യ വിഷയങ്ങളല്ല അതുകൊണ്ട് അവിടെയെന്നും ഫലവ്യാപ്തി സംഭവിക്കുന്നില്ല ഇതെല്ലാം വേദ്യങ്ങളാണ് അവിടെയൊക്കെ ലക്ഷണം പോകും അങ്ങനെ ഒരു വിവജനം പൂർവക്ഷിക്ക് അറിയത്തില്ലായിരുന്നു ഈ വൃത്തി വ്യാപ്തി ബലം വ്യാപ്തി പൂർവക്ഷി പറയുന്നത് വളരെ സിമ്പിളാണ് അല്ല അറിയുന്നതെല്ലാം വേദ്യം അറിയപ്പെടാത്തതെല്ലാം പറയുന്നു ധർമാദികളെല്ലാം വേദ്യം ഏതെങ്കിലും തരത്തിൽ ഒന്ന് അറിഞ്ഞു കിട്ടിയാൽ മതി വേദ്യമാക്കാൻ അതിന് അംഗീകരിക്കുന്നില്ല കൊണ്ട് അവേദ്യത്വം എന്നും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ധർമാദികളിൽ പോകും അപ്പോൾ വേദ്യ അവേദ്യമെന്ന് പറയുന്ന ഇവിടെ ഞാൻ വിഷയത്വം വേദ്യം ഞാൻ ആ വിഷയത്വം അവേദ്യോ അർത്ഥത്തിലല്ല അതിന് പ്രത്യേകം മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ സാറിന് പറയുമ്പോൾ ബ്രഹ്മ വേദ്യമാണെന്നിടത്ത് പറഞ്ഞിരിക്കുന്നു വേറെ അടുത്ത് അവേദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു പരസ്പര വിരുദ്ധമല്ലേ അവേദ്യമായതെങ്ങനെ വേദ്യമാവും എന്ന് ചിന്തിക്കും പക്ഷെ ഇവിടെ അവേദ്യം എന്ന് പറയുമ്പോൾ ഫലവ്യാപ്തി ഇല്ലാത്തത് വേദ്യം എന്ന് പറയുമ്പം വൃത്തിവ്യാപ്തി മാത്രമുള്ളത് അങ്ങനെ ആണ് അദ്വൈതിയുടെ വിഭജനം വൃത്തിവ്യാപ്തി മാത്രം അവേദ്യ അദ്വൈതി പറയുന്നു വൃത്തിവ്യാപ്തി മാത്രമുള്ളത് വൃത്തിവ്യാപ്ത് ആ നിങ്ങള് പറഞ്ഞ എന്റെയും നട്ടുപോകും ഫലവ്യാപ്തി മാത്രമുള്ള അത് വരില്ലല്ലോ വൃത്തിവ്യാപ്തി ഒന്നാലേ ഫലവ്യാപ്തി വരുന്നത് വൃത്തിവ്യാപ്തി മാത്രമുള്ളത് അദ്വൈതിയുടെ ഭക്ഷണം അനുസരിച്ച് അവേദ്യമാണ് പോറച്ച് വൃത്തിവ്യാപ്തിയും ഫലവ്യാപ്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ ധർമാദികളല്ല എന്നും എന്തായാലും അവേദ്യമായി അവേദ്യം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ അതിവ്യാപ്തി ബ്രഹ്മത്തിൽ മാത്രമല്ല ഇത് കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ ഇനി വായിച്ചു മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല തേഷാമ പിഷാം എന്ന് പറഞ്ഞാൽ അതീത അനാഗതയോഹോ നിത്യ അനുമർമാഷു ആഗമവേദ്യം ആഗമവേദ്യോ എന്നാ അവേദ്യത്വം ഇത് ചെയ്തത് അവിടെ അവേദ്യത്വം അവിടെ പോകത്തില്ലല്ലോ അതിവ്യാപ്തി എന്നാണ് അല്ല പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷണം അവിടെ അതിവ്യപ്തം ആകുന്നില്ല ബ്രഹ്മത്തിൽ മാത്രമേ പോകത്തുള്ളൂ എന്ന് ചോദിക്കണമെങ്കിൽ മെയ്യോ അങ്ങനെയല്ല ഫലം വ്യാപ്യത ലക്ഷണ വേദ്യത്വസ്യ തത്ര അഭാവ അപ്പം ഞങ്ങൾ വേദ്യം എന്ന് പറഞ്ഞാൽ ഫലവ്യാപ്യത്വമാണ് അതില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബ്രഹ്മത്തിനെയും ധർമാദികളെയും അവൈദ്യം എന്ന് പറയുന്നത് അപ്പം അവൈദ്യമെന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലും പോവും ധർമാദികളിലും പോവും അതിൽ താഴെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വിഷയാവച്ഛിന്നം ചൈതന്യം അഭിവ്യക്തം ഫലം താഴെ അറ്റത്തെ സംസ്കൃത വ്യാഖ്യാനത്തിൽ ാപ്യത്വം എന്നുവെച്ച ഫലവിഷയത്വം എന്നാണ് അതിൻ്റെ അർത്ഥം ഫലം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയാവച്ഛിന്നം ചൈതന്യം അഭിവ്യക്തം ഇതിനെക്കുറിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പലതരത്തിലും പറയും വിഷയാവച്ഛിന്നമായ ചൈതന്യമാണ് അഭിവ്യക്ത ചൈതന്യമാണ് അതാണ് ഫലം അതായത് ഘടത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകുമ്പോൾ അവിടെ വിഷയാവച്ഛിന്നമായ ചൈതന്യ അഭിവ്യക്തമാകുന്ന ഒന്നാണ് അതാണ് ഘടജ്ഞാനം എന്ന് പറയുന്നത് വേദാന്ത പരിഭാഷയിലും പഞ്ചദശിയിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പലടും ഫലവ്യാപ്യത്വം എന്ന് പറഞ്ഞാൽ ഫലവിഷയത്വം ഫലമെന്ന് പറയുന്ന ഒരു ജ്ഞാനമാണ് ഈ ഫലത്തെയാണ് വിദ്യാരണി സ്വാമി പറയുന്നത് എന്തു പേരില് ചിലാഭാസ ഇതിനാണ് പറയുന്നത് ചില അപ്പൊ അവിടെ കേവലം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ ലക്ഷണം പോവും അവിടെ അവേദ്യത്വം ഉണ്ട് എന്തുകൊണ്ട് അവിടെ ഫലവ്യാപ്തില്ല പറഞ്ഞത് ചിതാഭാസം ആണ് അത് അത് തന്നെയാണ് വിഷയജ്ഞാനത്തിനാണല്ലോ ഇത് പറയുന്നത് ഘടജാനത്തിന്റെ കാര്യം പറയുമ്പോഴല്ലേ പറയുന്നത് ചിതാഭാസൻ തത്ര എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വിശിഷ്ട ശബ്ദ പ്രമാണബല തത് ആകാരധീവൃത്തി സമുല്ലാസമാത്രാദേവ തദ്വ്യവഹാരദിനേവാദികൾ അദ്വൈതികൾ ഉപനിഷത് പ്രമാണത്തെ പ്രധാനമായി സ്വീകരിക്കുന്ന വേദവാദികൾ അവർ പറയുന്നത് വിശിഷ്ടശ്ദപ്രമാണബല എന്നുവെച്ചാൽ ധർമാദികളെക്കുറിച്ച് വിധിക്കുന്ന ശബ്ദപ്രമാണം സ്വർഗകാമോ യജേത തുടങ്ങിയ ശബ്ദപ്രമാണമാണ് വിശിഷ്ട ശബ്ദപ്രമാണമെന്ന് പറയുന്നത് അതുകൊണ്ട് തഥാകാരധീവൃത്തി സമുല്ലാസ തഥാകാരധീവൃത്തി ഉണ്ടാവും സ്വർഗത്തെക്കുറിച്ചും അവൈദ്യമായിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചും പുണ്യഭാവങ്ങളെക്കുറിച്ചുമെല്ലാം ബോധമുണ്ടാവും എന്നുവച്ചാൽ വൃത്തി ഉണ്ടാവും ധീവൃത്തി എന്ന് പറഞ്ഞാൽ വൃത്തി ധീവൃത്തി മാത്രം സമുല്ലാസത്തി സമുല്ലാസമാകുന്ന വെച്ചാൽ അവിടെ വൃത്തി ഉദയം ചെയ്യുന്നു ഇത്രേ സംഭവിക്കുന്നുള്ളു അല്ലാതെ ഫലവ്യാപ്തി ഇല്ല ഫലവ്യാപ്തി ഇല്ലാത്തതുകൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം അവേദ്യമാണ് അപ്പം അവൈദ്യത്വം എന്ന് പറഞ്ഞാൽ ധർമാദികളിൽ പോകും എന്നുവെച്ചാൽ വേദം കേൾക്കുന്ന ഒരാളിന്റെ ഉള്ളിൽ അതാ പറഞ്ഞത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ പദപദാർത്ഥം ഞാനുള്ളിൽ എന്തായാലും ബോധമുണ്ടാവും സ്വർഗകാമോ യചേതാന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം പദത്തിന്റെ അർത്ഥം ഞാനുണ്ടായി ബോധമുണ്ടാവും ഇങ്ങനെ ബോധം ഉണ്ടാകുമ്പം അവിടെ എന്താ സംഭവിക്കുന്ന ഒരു ചിത്തവൃത്തി ഉണ്ടാവും വൃത്തിവ്യാപ്തി ഉണ്ടാവും പക്ഷെ ഫലവ്യാപ്തി ഉണ്ടാവുന്നില്ല വൃത്തിവ്യാപ്തി ഉണ്ടായാലും അയാൾക്ക് അറിവുണ്ടായിപ്പോ പക്ഷെ ഫലവ്യാപ്തി ഉണ്ടായില്ല സ്വർഗം എന്ന് പറയുന്നത് വേദത്തിൽ നിന്ന് സ്വർഗകാമോ ഏജാഥ എന്നുള്ള വാക്യം കേട്ട് ബോധം ഉണ്ടായാലും സ്വർഗം അവേദ്യമായി തന്നെ ഇരിക്കുന്നു ഇതാണ് സിദ്ധാന്തി പറയുന്നത് സ്വർഗം വേദ്യമാവുന്നില്ല മരിച്ചതിന് ശേഷമുള്ള കാര്യം അറിയത്തില്ലല്ലോ ഇപ്പോ വേദം കേൾക്കുന്ന സമയത്ത് കാര്യം പറയണം ാണ് പല അദ്വൈതാചാര്യന്മാരും പരോക്ഷജ്ഞാനം എന്ന് പറയുന്നു അവര് പറയുന്ന എന്താണോ പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ കേവലം വൃത്തിവ്യാപ്തി മാത്രമേ ഉള്ളൂങ്കിൽ അത് പരോക്ഷജ്ഞാനമാണ് ഫലവ്യാപ്തി ഉണ്ടെങ്കിൽ അപരോക്ഷം അങ്ങനെ ജ്ഞാനത്തിൽ വ്യത്യാസം പറയും വൃത്തിവ്യാപ്തി ഉള്ളിടത്ത് പരോക്ഷം ജ്ഞാനമാണ് എന്നുവെച്ചാൽ വൃത്തി വ്യാപ്തി ഉള്ളിടത്ത് അവിടെ ജ്ഞാനം ഉണ്ടായിട്ടും വിഷയം എന്ന് പറയുന്നത് പരോക്ഷമായി തന്നെയായിരിക്കും ഉദാഹരണ സ്വർഗം ജ്ഞാനം ഉണ്ടായി പക്ഷെ വിഷയം പരോക്ഷം അപ്പം ജ്ഞാനം പരോക്ഷമാണെന്നാണ് പറയുന്നത് അതാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിന്റെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് അച്ഛാനെന്ന് പറയുമ്പോൾ അവിടെ വൃത്തി വ്യാപിക്കുന്നു ഫലവ്യാപ്തിയുണ്ട് അതുകൊണ്ട് ഈ ഞാൻ അപരോഷം ഞാനാണെന്ന് പറയും പിന്നെ ബ്രഹ്മഞാനം എങ്ങനെ അപരോഷം ഞാനാണെന്ന് പറയുന്നു അവിടെ വൃത്തിവ്യാപ്തിയേ ഉള്ളൂ ഫലവ്യാപ്തി ഇല്ലെങ്കിലും അവിടെ അവരെന്ത് പറയും ജ്ഞാനം ബ്രഹ്മ സ്വയം പ്രവാസമായുണ്ട് അവിടെ അപരോഷം ഞാനു വന്നു ചുരുക്കത്തിൽ അങ്ങനെ വരുന്നിടത്തും അപരോക്ഷനത്തെ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം ഞാനത്തെ തന്നെ അപരോഷമായി സ്വീകരിച്ചേ പറ്റൂ വൃത്തിയെ സ്വീകരിച്ചിട്ട് പ്രയോജനമില്ല എന്തുകൊണ്ട് ബ്രഹ്മാകാര വൃത്തി ഉണ്ടാകുമ്പോഴും ബ്രഹ്മം അപരോക്ഷമായതെന്തുകൊണ്ട് ജ്ഞാനപരോക്ഷമായതുകൊണ്ട് അത് വൃത്തിയുടെ പ്രത്യേകതയൊന്നുമല്ല അപ്പോൾ അവരോക്ഷത എന്ന് പറയുന്നത് എവിടെയുള്ളൂ ജ്ഞാനത്തിലേ ഉള്ളൂ ഞാനപരോക്ഷം തന്നെയാണ് വൃത്തി ഇരിക്കും അതുകൊണ്ട് പരോക്ഷ അപരോക്ഷ ജ്ഞാനപക്ഷം ഒരിക്കലും സമർഥിക്കാൻ പറ്റത്തില്ല അപ്പൊ പറയുന്ന ഇവിടെ എന്താണ് പുണ്യപാപങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനവും വ്യവഹാരവും ഉണ്ടാവും ഇപ്പൊ പറഞ്ഞതിനെ പിന്നെ അവർ ഖണ്ഡിക്കൂലേ അപരോക്ഷതയും പരോക്ഷതയും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെയും അവർ മുന്നോട്ട് പോയില്ലേ ഉണ്ട് പറഞ്ഞു ജ്ഞാനം കൊണ്ട് ഞാനപ്പോഴും ജ്ഞാനമാണ് അപരോക്ഷതയ്ക്ക് കാരണമെന്ന് പറഞ്ഞില്ലേ ജ്ഞാനം തന്നെ അപരോക്ഷം അതുകൊണ്ട് ഈ അപരോക്ഷത എന്ന് പറഞ്ഞ് ബ്രഹ്മത്തെ ബ്രഹ്മജ്ഞാനത്തിന് അപരോക്ഷം എന്ന് പറയാൻ പറ്റില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥ അപ്പോ അതായത് ജ്ഞാനം അപരോക്ഷമായിരിക്കുന്നത് കൊണ്ട് വൃത്തിയെ അപരോഷം എന്ന് പറയാൻ പറ്റില്ല ജ്ഞാനത്തെ അപരോഷമെന്ന് പറയാൻ പറ്റും വൃത്തിയെ ആശ്രയിച്ചിട്ട് പരോക്ഷം അപരോക്ഷം ഒന്നും രണ്ടായി വിഭജിക്കാൻ പറ്റില്ല കാരണം വൃത്തി ആശ്രയിച്ചിട്ടാണ് പറയുന്നത് എന്ത് പരോക്ഷ അവരോക്ഷം ഇപ്പോ സ്വർഗത്തെക്കുറിച്ച് വൃത്തിയുണ്ടായി അവിടെ എന്താ ഉണ്ടായത് പരോക്ഷ വൃത്തിയാണ് വൃത്തി ജ്ഞാനം അല്ല ആ പരോക്ഷമായ വിഷയത്തെ സംബന്ധിച്ചൊരു വൃത്തിയുണ്ടായിവൃത്തി സമുല്ലാസംന്ന് പറയുന്നു അപ്പം വൃത്തിയാണ് അവിടെ പരോക്ഷമായത് ഞാനം അവിടെ എന്താണ് അവരോക്ഷം തന്നെ വൃത്തി വൃത്തിയും അപരോക്ഷല്ലേ വൃത്തി എന്ന് പറയുന്ന അന്ധകരണപരിണാമം അതിലാണെന്തിരിക്കുന്നത് ജ്ഞാനം എങ്ങനെയാണോ സ്വച്ഛമായ കണ്ണാടിയിൽ പ്രകാശം ഇരിക്കുന്നത് അതുപോലെ സ്വച്ഛമായ അന്ധകരണവൃത്തിയും ജ്ഞാനമുണ്ട് മനസ്സിലായോ സ്വച്ഛമായ കണ്ണാടിയിൽ പ്രകാശം പ്രതിബിംബിച്ചിരിക്കുന്നതുപോലെ സ്വച്ഛമായ അന്ധകരണവൃത്തിയില് ജ്ഞാനമുണ്ട് വൃത്തി എന്ന് പറയുന്നത് ജഡമാണ് ജ്ഞാനവും പറയുന്നത് അപരോക്ഷമായ ജ്ഞാനവും അപ്പം വൃത്തിയുടെ സ്വരൂപത്തെടുത്തു കഴിഞ്ഞാൽ അത് അന്ധക്കരണ പരിണാമമായതുകൊണ്ട് അതെന്താണ് ജഡം തന്നെയാണ് എന്നാൽ അതിലുള്ള ജ്ഞാനമോസ്വപ്രകാശവുമായ ജ്ഞാനമാണ് അപ്പോൾ എവിടെയായാലും ശരി പരോക്ഷം അപരോക്ഷം ഒന്ന് ഭേദം വരുത്തുന്നത് ജ്ഞാനത്തിൽ വരുത്താൻ പറ്റില്ല അവിടെ വൃത്തി എങ്ങനെയിരിക്കുന്നു അത് അപരോഷമല്ല പരോക്ഷമായിരിക്കുന്നു അപ്പോൾ വൃത്തി പരോക്ഷമായിരിക്കുന്നത് കൊണ്ട് ആ വൃത്തിയിലുള്ള പരോക്ഷതയെ ജ്ഞാനത്തിൽ ആരോപിച്ചിട്ടാണ് പറയുന്നത് എന്താണ് പരോക്ഷജ്ഞാനം പരോക്ഷമായിരിക്കും അനുസരിച്ചാണോ പറയുന്നത് അല്ല വൃത്തിയുടെ സ്വഭാവം തന്നെ പരോക്ഷതയാണ് വൃത്തിയുടെ സ്വഭാവം തന്നെ പരോക്ഷതയാണ് എല്ലാ വൃത്തികളുടെയും എല്ലാം അങ്ങനെയല്ല സോതുക്കാദികൾ അപരോക്ഷമായിരിക്കും എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ അഭിഷയം വൃത്തി എന്ന് പറയുന്നത് സോതുക്കാദികളെ അപരോക്ഷം പറയുന്നത് എന്തുകൊണ്ട് അത് യോഗ്യമായതുകൊണ്ട് സാക്ഷിഭാസ്യം എന്ന് പറയൂടെ സാക്ഷിഭാസ്യമായതുകൊണ്ട് അത് അപരോക്ഷമാണ് ആ വൃത്തി അന്ധകർണവൃത്തി അങ്ങനെയല്ല അന്ധകർണവൃത്തി എന്ന് പറയുന്നത് അത് വിഷയാകാര വൃത്തി അത് കേവല എന്ന് പറയുമ്പം ജ്ഞാനമില്ലാതെ സങ്കല്പിച്ചാൽ ആ എന്ന് പറയുന്നത് അന്ധകർണപരിണാമമാണ് പക്ഷെ അത് പരോക്ഷമാണ് അതിന് അതിനെ അപരോക്ഷമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ അപരോഷ ഞാനായിരിക്കും സൂതുക്കാതെയുള്ള പോലെ അതായത് ജ്ഞാനത്തിൽ ഭേദം വരുത്തല്ലേ ചെയ്യുന്നത് പരോക്ഷമൊന്നും അപരോക്ഷമൊന്നും അപ്പൊ ആ ഭേദം എന്ന് പറയുന്നത് വരുത്താൻ പറ്റത്തില്ല എന്തുകൊണ്ട് ജ്ഞാനോ അപരോക്ഷമാണ് പിന്നെ ഇവരെങ്ങനെ ജ്ഞാനത്തിൽ പരോക്ഷ അപരോക്ഷ ഭേദം പിന്നെ വരുത്തുന്നെങ്ങനെ വൃത്തിയെ വച്ച് പറയാൻ പറ്റും വൃത്തിയെപ്പോഴും പരോക്ഷമാണ് അപ്പോൾ അത് വെച്ച് അങ്ങനെ പറയാൻ പറ്റും അല്ല വൃത്തി തന്നെ സ്വയം അപരോക്ഷമാണെന്ന് തോന്നുകഴിഞ്ഞാൽ കേവല വൃത്തിനെ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യം തോന്നി വൃത്തിയാണോ ഞാനോ അല്ല വൃത്തി വിഷയദേശത്ത് പോയി തഥാകാരമായി പരിണമിക്കുമ്പോൾ അത് അംഗീകരിക്കുന്നുള്ളു വൃത്തിജടമാണോ അതുകൊണ്ടാണ് പരിണമിക്കുന്നത് അപ്പിന്നെ അതങ്ങനെ സ്വയപ്രകാശമാണ് ജഡവും പരിണമിക്കുന്നതുമായ ഒരു വസ്തു ആകത്തില്ല ഉള്ളിലുണ്ടാവുന്ന സ്വാതത്വങ്ങൾ അത് അധ്യസ്ഥമാണ് സാക്ഷി സാക്ഷി ഭാസ്യമാണ് അതുകൊണ്ട് അത് അപരോക്ഷമാണ് അത് അംഗീകരിക്കാം സാക്ഷി ഭാസ്യമായ രീതിയിൽ അത് അപരോക്ഷമാണ് സ്വയം അപരോക്ഷമല്ല സ്വതക്കറിയാം ആ ഒരു സാധനം പോലും വൃത്തികൾക്കില്ല അപ്പൊ വൃത്തിയും വിഷയവും വൃത്തി എന്ന് പറയുന്ന ജഡം വിഷയവും ജഡം സുഖദുഃഖങ്ങള് വിഷയമാകുമ്പോൾ അത് യോഗ്യത അന്ധക്കണ്ണ വൃത്തിയാണ് ധർമാധർമ്മം അയോഗ്യമല്ല അത് യോഗ്യമല്ല അതുകൊണ്ട് പ്രത്യക്ഷമാവുന്നു യോഗ്യത സുഖുക്കാതികൾ യോഗ്യമാണ് പ്രത്യക്ഷമാവുന്നു അന്ധക്കെണ്ണം നിരന്തരം പ്രണമിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ല വൃത്തി തന്നെ സ്വയം ചിലപ്പോൾ യോഗ്യമാവില്ലേ വൃത്തി തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയാകാര വൃത്തി വിഷയകാര വൃത്തിയാണ് അത് അപരോക്ഷമാണെന്ന് പറയുകയാണെങ്കിൽ സുഖദുഃഖാദികളൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഓരോ വൃത്തികളും പിന്നെ അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ലല്ലോ അന്ധക്കരണം എന്ന് പറയുന്നതന്നെ ഈ പ്രക്രിയ അനുസരിച്ച് സാക്ഷികൾ അദ്ധ്യതമാണ് അന്ധക്കരണം അത് സാക്ഷി ബാധ്യമാണ് ആണെങ്കിലും അവിടെ യോഗ്യവും അയോഗ്യവമായ സാധനങ്ങളുണ്ട് ആണ് ധർമാദികൾ പ്രത്യക്ഷമാകുന്നില്ല സ്വതുക്കങ്ങൾ പ്രത്യക്ഷമാകുന്നില്ല ഇത് രണ്ടും അന്ധകരണത്തിന്റെ പരിണാമങ്ങളാണ് വൃത്തി ബാഹ്യമായി വിഷയാകാരത്തിൽ പരിണമിക്കുന്ന വൃത്തിയെ സ്വച്ഛം എന്ന് പറയുന്നുണ്ട് ഇത് സ്വച്ഛമാണ് എന്ന് പറയുന്നുണ്ട് അത് അത്യധിക സ്വച്ഛമായതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ഇതൊക്കെ വളരെ ജടിലമായ പ്രക്രിയകളാണ് അപ്പൊ നമുക്ക് എവിടെങ്കിലും അറിവ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വൃത്തി സ്വച്ഛമായിരിക്കുകയല്ലേ ഏത് വിഷയമാണെങ്കിലും ിഷയാകാരത്തിൽ പരിണമിക്കുന്ന ആവൃത്തിക്കൊരു സ്വച്ഛതയുണ്ട് അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു തത്രാജ്ഞാനം ധിയാനശിയേത് ആഭാസേന ഘടസുരേ എന്നാണ് അപ്പോ അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നശിപ്പിക്കുന്നു വെച്ചാൽ അത് ഒരു പ്രകാശം പോലെയാണ് അതൊരു പ്രകാശമാണ് പിന്നെ ശരി അത് പ്രകാശമായി സ്വീകരിക്കാം പിന്നെ അവിടെ പരോക്ഷോ പരോക്ഷോ രണ്ട് ഞാനും സ്വീകരിക്കുന്നിടത്താണ് കുഴപ്പം വരുന്നു എന്നിട്ട് പറയുന്നു അത് പരോക്ഷമാണ് വൃത്തിയാണോ എന്ന് പറയുന്നു അതൊന്നും ശരിയാവില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയായ ഒരു സമാധാനം കിട്ടാൻ പ്രയാസമാണ് കാട് കയറിപ്പോയി ചിന്തിച്ച് ചിന്തിച്ച് കാട് വൃത്തി പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ ചിന്തിച്ച് കാട് കയറിപ്പോകുന്നൊരു സാധനമാണ് പ്രകാശം ജടപ്രകാശമാണെന്നൊക്കെ ജഡം പ്രകാശം ഉണ്ടല്ലോ ഏതുപോലെ ദീപത്തെ പോലെ അപ്പോ അജ്ഞാനം എന്ന് പറയുന്നത് അതുപോലെ ഒരു സാധനമാവും മനസിലായോ അങ്ങനെയാ പോകുന്നു അപ്പോ ദീപം നശിപ്പിക്കുന്ന ഇരുളെങ്ങനെയോ അതുപോലെ ഒരു സാധനമാണ് അജ്ഞാനം അതിനെയാണ് വൃത്തി ജഡപപ്രകാശം ആ ജഡപ്രകാശം വൃത്തിയെന്ന് പറയുന്നത് പ്രകാശം നശിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെ പോകും Ahem. <clears throat>